രാജാവായ നെബുഗദനെ സർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യരുഷലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാനവാസികളാവത് സെരുബാബേലിനോട് കൂടെ വന്നവർ യേശുവ നെഹ്മയാ മൊറദേഖ ബിൽഷാൻ മിസ്പാർ ബിഗ്വായ് രഹൂം ബാന എന്നിവർ ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവത് പരോഷിന്റെ മക്കൾ രണ്ടായിരത്തി ഒരുനൂറ്റി മക്കൾ മുന്നൂറ്റി എഴുപത്തിരണ്ട് മക്കൾ എഴുന്നൂറ്റി യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹദ്മോവാബിന്റെ മക്കൾ രണ്ടായിരത്തി ഏലാമിന്റെ മക്കൾ സുവിന്റെ മക്കൾ തൊള്ളായിരത്തി അഞ്ച് മക്കൾ എഴുന്നൂറ്റി ബാനിയുടെ മക്കൾ ബേബായിയുടെ മക്കൾ അസ്ഗാദിന്റെ മക്കൾ അതോനിക്കാമിന്റെ മക്കൾ ബിഗ്വായുടെ മക്കൾ രണ്ടായിരത്തി ആദിന്റെ മക്കൾ യഹിസ്കാവിന്റെ സന്തതിയായ ആതേറിന്റെ മക്കൾ തൊണ്ണൂറ്റി എട്ട് മക്കൾ ോരയുടെ മക്കൾ ഹൂമിന്റെ മക്കൾ ഗിബാറിന്റെ മക്കൾ തൊണ്ണൂറ്റി അഞ്ച് ബേത്തലഹേമിയർന്ന് നെതോഫാത്യർ അൻപത്തി ആറ് അനാഥോത്യർത്തിയെട്ട് അസ്മാവേത്യർപ്പത്തിരണ്ട് കിരിയത് യയാരി കഫീര എന്നിവയിലെ നിവാസികൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാമയിലെയും ഗാബയിലെയും നിവാസികൾ അറുനൂറ്റി ഒന്ന് മിക്മാഷിയർ ബേതലിലെയും ഹായിയിലെയും നിവാസികൾ ഇരുനൂറ്റി നെബോ നിവാസികൾ മക്ബീഷിന്റെ മക്കൾ മറ്റ് ഏലാമിന്റെ മക്കൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് ഹാരിമിന്റെ മക്കൾ ലോത് ഹാദിത് ഓനോ എന്നിവയിലെ നിവാസികൾ എഴുന്നൂറ്റി അഞ്ച് സെനായ നിവാസികൾ മൂവായിരത്തി അറുനൂറ്റി യേശുവയുടെ ഗ്രഹത്തിലെ യദയ്യാവിന്റെ മക്കൾ തൊള്ളായിരത്തി മക്കൾ ആയിരത്തി അൻപത്തിരണ്ട് പശൂരിന്റെ മക്കൾ ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഹാരിമിന്റെ മക്കൾ ആയിരത്തി പതിനേഴ് ലേവ്യർ മക്കളിൽ യേശുവയുടെയും കത്മിയേലിന്റെയും മക്കൾ എഴുപത്തിനാല് സംഗീതക്കാർ അസാഫ്യർട്ട് വാതിൽക്കാവൽക്കാരുടെ മക്കൾ ഷല്ലൂമിന്റെ മക്കൾ ആതേരിന്റെ മക്കൾ തൽമോന്റെ മക്കൾ അക്കൂബിന്റെ മക്കൾ ഹദീദയുടെ മക്കൾ ശോഭായിയുടെ മക്കൾ ഇങ്ങനെ ആകെ ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ ഹസൂഫയുടെ മക്കൾ തബായൂത്തിന്റെ മക്കൾ കേറോസിന്റെ മക്കൾ സിയാഹയുടെ മക്കൾ പാദോന്റെ മക്കൾ ലബാനയുടെ മക്കൾ ഹഗാബയുടെ മക്കൾ അക്കൂബിന്റെ മക്കൾ ഹാഗാബിന്റെ മക്കൾ ശൽമായയുടെ മക്കൾ ഹാനാന്റെ മക്കൾ ഗിദ്ദിന്റെ മക്കൾ ഗഹറിന്റെ മക്കൾ രയായാവിന്റെ മക്കൾ രസീന്റെ മക്കൾ നെക്കോദയുടെ മക്കൾ ഗസാമിന്റെ മക്കൾ ഉസയുടെ മക്കൾ പസേഹയുടെ മക്കൾ ബേസായിയുടെ മക്കൾ അസ്നയുടെ മക്കൾ മെയൂന്യർ നഫീസ്യർ ബുക്ബുക്കിന്റെ മക്കൾ ഹക്കൂഫയുടെ മക്കൾ ഹർഹൂരിന്റെ മക്കൾ ബ്ലസൂത്തിന്റെ മക്കൾ മെഹീദയുടെ മക്കൾ ഹർഷയുടെ മക്കൾ ബർക്കോസിന്റെ മക്കൾ സീസരയുടെ മക്കൾ തേമഹിന്റെ മക്കൾ നെസീഹയുടെ മക്കൾ ഹദീഫയുടെ മക്കൾ ഷലോമോന്റെ ദാസന്മാരുടെ മക്കൾ സോദായിയുടെ മക്കൾ ഹസോഫേരത്തിന്റെ മക്കൾ പെരൂദയുടെ മക്കൾ യാലയുടെ മക്കൾ ദർക്കോന്റെ മക്കൾ ഗിദ്ദിന്റെ മക്കൾ ഫത്യാവിന്റെ മക്കൾ ഹത്തീലിന്റെ മക്കൾ പോക്കേരത് ഹസേബീമിന്റെ മക്കൾ ആമിയുടെ മക്കൾ ദൈവാലയദാസന്മാരും ഷലോൻമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ തേൽമേലഹ് തേൽഹർഷ കെരൂബ് അദ്ദാൻ ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ എങ്കിലും തങ്ങൾ ഇസ്രേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പ്രതിർഭവനവും വംശവിരവും പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല ദലായാവിന്റെ മക്കൾ തോബിയാവിന്റെ മക്കൾ നെക്കോദയുടെ മക്കൾ ആകെ പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിന്റെ മക്കൾ ഹക്കൂസിന്റെ മക്കൾ ഗലയാദ്യനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ ഇവർ തങ്ങളുടെ വംശാവലിരേഖ അന്വേഷിച്ചു അത് കണ്ടുകിട്ടിയില്ല താനും അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഊരീമും തുമ്മീമുമുള്ള പുരോഹിതൻ എഴുന്നേൽക്കം വരെ അതിപരിശുദ്ധമായത് പിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു സഭയാകെ നാൽപ്പത്തി പേർ ആയിരുന്നു അവരുടെ ദാസീദാസന്മാരായ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ കൂടാതെ തന്നെ അവർക്ക് ഇരുന്നൂറ് സംഗീതക്കാരും സംഗീതകരുത്തികളും ഉണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിരയും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഒട്ടകവും ആറായിരത്തി കഴുതയും അവർക്കുണ്ടായിരുന്നു എന്നാൽ ചില പ്രതിർഭവനത്തലവന്മാർ എരുശിലേമിലെ യഹോവയുടെ ആലയത്തിങ്കലെത്തിയപ്പോൾ അവർ ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ണാരത്തിലേക്ക് അറുപത്തോരായിരം തങ്കക്കാശും അയ്യായിരം മാനെ വെള്ളിയും നൂറ് പുരോഹിത വസ്ത്രവും കൊടുത്തു പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽക്കാവൽക്കാരും ദൈവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു എല്ലാ ഇസ്രയേലിലും ദാന്തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു